പ്രകാശിക്കുന്ന ജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് ഇപ്പോ കഴിഞ്ഞ ശ്ലോകത്തിനെ തന്നെ തുഷ്യന്തിച്ച രമന്തിച്ച് എന്ന് പറഞ്ഞു അല്ലേ ഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല അപ്പൊ ഭഗവാൻ പറയാണ് അവരെ ഞാനൊരു ഇൻസ്ട്രുമെന്റ് ആക്കി തീർത്ത് അവരുടെ ഉള്ളിൽ എന്റെ അനുകമ്പാ ശക്തിയെ പ്രവർത്തിപ്പിക്കും പ്രവർത്തിപ്പിച്ച് നാശയാമി ആത്മഭാവസ്തു ജ്ഞാനീപേന ഭാസ്വത എന്ന് പറഞ്ഞ് രണ്ടു വിധത്തിലും അർത്ഥം എടുക്കാം ഒന്ന് ഭക്തി ചെയ്യുന്നവന് ഞാൻ ജ്ഞാനം കൊടുക്കും ഭക്തി കൊണ്ട് ചിത്രം ശുദ്ധമാവുമ്പോ ആത്മതത്വദർശനം ഉണ്ടാവും ഭാഗവതത്തില് പറഞ്ഞു ഭക്തം ഗുണകർമ്മി ഉപലഭ്യത ആത്മതത്വം സാക്ഷാമൃശോ ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്ത് ചിത്തം ശുദ്ധമാകുമ്പോൾ തെളിഞ്ഞ കണ്ണുകൊണ്ട് സൂര്യനെ കാണുന്ന പോലെ ആത്മതത്വ ദർശനമുണ്ടാവും ആത്മതത്വ ദർശനത്തിന് പാടുന്നുമില്ല കാരണം ആത്മാനിത്യസിദ്ധ വസ്തു എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ അത് സിദ്ധമാണ് അഹം അഹം എന്ന അനുഭവ രൂപത്തിൽ അത് സിദ്ധമായിരുന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് വൈചിത്ര്യം ആ ചിത്തിൻ്റെ സ്വയം പ്രകാശത്വം ആ ചിദ്വസ്തു നിത്യസിദ്ധമായി ഹൃദയസ്ഥാനത്തില് ഞാൻ ഉണ്ടെന്നുള്ള അനുഭവ രൂപത്തിൽ എല്ലാവർക്കും സിദ്ധമാണ് അതൊരിക്കലും ശരീരമായിട്ടോ മനസ്സായിട്ടോ ബുദ്ധിയായിട്ടോ ഒന്നും കൂടിക്കഴഞ്ഞിട്ടേ ഇല്ല ഒരു മിശറും അതിൽ വന്നിട്ടില്ലേ അസംഗോഹിഅ ശുദ്ധ നിർമ്മലപ്രകാശമായിട്ട് അത് നിത്യസിദ്ധമായിട്ടിരിക്കണു എന്നിട്ടും ശ്രദ്ധ അതിൽ പോണില്ല എന്താന്ന് വെച്ചാൽ മനസ്സ് ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കുകയാണുള്ളില് അത് ശുദ്ധമായി നിർമ്മലമാവുമ്പോ ജ്ഞാനദീപേന ഭാസ്വത ഉള്ളിലെ ജ്ഞാനമാകുന്ന വിളക്ക് നല്ലവണ്ണം ജ്വലിക്കും ബുദ്ധി മനസ്സെന്ന് പറയുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ ചിത്തിൻ്റെ വെറും കിരണങ്ങൾ മാത്രമാണ് അതൊക്കെ ചിത്തിന് നേരെ തിരിയുമ്പോൾ സ്വരൂപത്തിന് നേരെ തിരിയുമ്പോൾ സ്വരൂപത്തിൽ തന്നെ ലീനമാവുകയും അതിനെ അറിയാനുള്ള ഒരു ഉപകരണം പോലെ നിൽക്കുകയും ചെയ്യും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ചിത്സ്വരൂപ പ്രതിപത്തി ഉണ്ടാവണത് പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അർജുനൻ ഭഗവാനെ സ്തുതിക്കുകയാണ് അടുത്ത ശ്ലോകം അർജുനോ വാചാം പരം ബ്രഹ്മപരം ധാമ പവിത്രം പരമം ഭവാന് പുരുഷം ശാശ്വതം ദിവ്യം ആദിദമജം വിഭു ആഹു സ്വാം ഋഷയേ ദർഷിർനാരദസ്താ അസി ദലോ വ്യാസ സ്വയം ബ്രവീഷി മേ പരം ബ്രഹ്മ അർജുനന് ഭഗവാൻ ഞാൻ കരുണ കൊണ്ട് അവരുടെ ഉള്ളിലുള്ള അജ്ഞാനമൊക്കെ നീക്കി അവർക്ക് ഞാൻ ജ്ഞാനം കൊടുക്കുന്നതിനെ വലിയ സന്തോഷമായി എന്താന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളുടെ ഉള്ളിലിരുന്ന് പ്രകാശിപ്പിച്ചോളൂ നീ പേടിക്കണ്ട നീ ഭജതാം പ്രീതിപൂർവ്വകം പ്രിയത്തോടു കൂടെ ഭക്തി ചെയ്യൂ എന്റെ ഹൃദയത്തിലിരുന്ന് അജ്ഞാന നിവാരണം ചെയ്ത് ജ്ഞാനപ്രകാശം ജ്ഞാനത്തിന്റെ വിളക്ക് കൊളുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോ അർജുനന് ഹൃദയത്തില് ആ ഭഗവാന്റെ കാരുണ്യത്തിൽ ഒരു ഭക്തി ഉണ്ടായി അപ്പോഴാണ് സ്തുതിക്കുന്നത് പരം ബ്രഹ്മപരം ധാമ ഭഗവാനോട് പറഞ്ഞു ഹേ ഭഗവാൻ അവിടുന്ന് പരബ്രഹ്മവസ്തുവാണ് പരം ധാമ പരമമായ ധാമം ഇരിപ്പിടം ശാശ്വതധാമം ആ ധാമം ഹൃദയമാണേ ഇതാണ് ഭാഗവതത്തിലെ ധാനാസ്വേണ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹീ ധാമം ഹൃദയമാണ് ഹൃദയം ആണ് വൈകുണ്ഠം ഹൃദയമാണ് കൈലാസം ഹൃദയമാണ് ഭഗവാന്റെ ഇരുപ്പിടമായ ധാമം നമ്മൾ ധാമം എന്ന് പറഞ്ഞ വീട് നമ്മൾ ഇരിക്കുന്ന വീടിന് ധാമം എന്ന് പറയാം സം തമിഴില് മോക്ഷത്തിന് പേര് തന്നെ വീട് എന്നാണ് ഒരു രസമായ ഒരു വ്യുപത്തിയാണ് ആ വാക്ക് മോക്ഷത്തിന് വീട് എന്നാണ് വീട് ഇപ്പോ തിരുക്കുരൽ അതില് അറം പൊരുൾ വീട് അതിൽ വീട് എന്നുള്ളത് മോക്ഷത്തിനാണ് പറയുന്നത് വീട് എന്ന് വെച്ചാൽ മുക്തി വാസ്തവത്തിൽ അപ്പൊ അത് എങ്ങനെ നമ്മൾ വീട് എന്നുള്ള വാക്ക് നമ്മള് ഗൃഹം എന്നുള്ള അർത്ഥത്തിലാണല്ലോ അല്ലേ ഈ ഗൃഹം എന്നുള്ള വാക്കും വീട് എന്നുള്ള വാക്കും ഓപ്പോസിറ്റ് മീനിങ് ആണ് പിടിക്കുക എന്നർത്ഥം വീട് വിടുക എന്നർത്ഥം ആ നമ്മൾ അറിയ വിടുക എന്നുള്ള അർത്ഥം അല്ലേ ആ അർത്ഥത്തിൽ തന്നെയാണ് വിടുതലൈ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വീട് എന്ന് വന്നിരിക്കുന്നത് വിട്ടുപോവുക വിട്ടുപോവണതാണ് മുക്തി മുക്തിയാണ് നമ്മൾ പോയി ചേരേണ്ട സ്ഥലമായതുകൊണ്ട് വീട് അപ്പൊ വീട് എന്നുവച്ച മുക്തി എന്നർത്ഥം അതന്നെയാണ് ധാമം അപ്പൊ ധാമം ധാംന സ്വേനധാമന തന്റെ ധാമം ഭഗവാന്റെ ധാമം എന്താ വൈകുണ്ഠം എന്ന് പറയണം വൈകുണ്ഠം എന്ന് വെച്ചാൽ എന്താ വികൽപ്പമില്ലാത്ത നിർവികല്പമായ ബോധം അകുണ്ഠമേധ അകുണ്ഠം വൈകുണ്ഠം ച സ്വയം പ്രഭം എന്നൊക്കെയാണ് ഭാഗവതം വൈകുണ്ഠം ചുഠം ച സ്വയം പ്രഭം സ്വയം പ്രഭം സ്വയം പ്രഭയോടുകൂടെ സ്വയംപ്രകാശമായിട്ടുള്ള ധാമമാണ് വൈകുണ്ഠം എന്ന് പറയണത് ആ വൈകുണ്ഠം ധാമം പരം പരം ധാമ പവിത്രം പരമം ഭൻ ഭഗവാനേ അവിടുന്ന് പരം പരം ധാമമാണ് പവിത്രം പരമപവിത്രം ഭഗവാൻ ഹൃദയത്തിൽ ശുദ്ധം ഭഗവാന്റെ ഒരു നിയമം തന്നെ എന്താന്ന് വെച്ചാൽ ഒരാൾ എത്ര അശുദ്ധനാണെന്ന് നോക്കണ്ട എന്നെ ഹൃദയത്തിൽ വിളിച്ചാൽ ഞാൻ ശുദ്ധി ചെയ്തോളാം പവിത്രം പരമം ഭവാൻ പുരുഷം വേദപ്രതിപാദ്യനായ പരമേശ്വരൻ സഹസ്രശീരുഷം ദേവം സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷഹസ്രപാത് ആ പുരുഷൻ പുരുഷ എ വേദം വിശ്വം കർമാപോ ബ്രഹ്മ പരാമൃതം ആ പുരുഷൻ അപ്പൊ പരമേശ്വരൻ എന്നർത്ഥം പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദിവം ആദിവിൻ ആദിനാരായണൻ ആദിദേവം അജം ജനനമില്ലാത്തവൻ വിഭും സർവവ്യാപി എല്ലായിടത്തും വിശേഷേണ ഭവിച്ചിരിക്കുന്നവൻ ഇങ്ങനെ ഇങ്ങനെ അർജുനൻ നിനക്ക് എങ്ങനെ അറിഞ്ഞു ആഹു സ്വാം ഋഷയ വേദമന്ത്രങ്ങളിലൊക്കെ ഋഷികളൊക്കെ തന്നെ ഭഗവാനെ അങ്ങനെ അങ്ങനെ ദർശിച്ച് പറഞ്ഞിരിക്കണം ആഹു ഋഷയഹാ സർവേ ഋഷയ ആഹു ഏതൊക്കെ ഋഷികളാ ദേവർഷിഹീനാരദസ്താ അസിതോ ദേവലോ വ്യാസ സ്വയം ജൈവ ബ്രവീഷിമി അസിതൻ ദേവലൻ വ്യാസൻ എന്ന ഋഷികളൊക്കെ തന്നെ ഭഗവാനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു അസിതോ ദേവലോ വ്യാസ ഈ വേദപ്രതിഭാ വേദമന്ത്ര ദൃഷ്ടാക്കളായ ഋഷികളെയൊക്കെ എടുത്തു പറയണം ദേവ ഋഷിയായ നാരദൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അസിതൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവലൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വ്യാസഭഗവാൻ പറഞ്ഞു കേട്ടിരിക്കുന്നു സാധാരണ മനുഷ്യർക്ക് ഭഗവാന്റെ വൈഭവം എങ്ങനെ അറിയും ആരെങ്കിലും മഹാപുരുഷന്മാര് സ്വാനുഭൂതി സമ്പന്നന്മാരായ ജ്ഞാനികളുടെ വാക്കിനെ പ്രമാണമാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് വേദം തന്നെ ബ്രഹ്മവാദിനോ വദന്തി എന്നാണ് പറഞ്ഞത് വേദം എന്ത് പ്രമാണം വയ്ക്കുന്നു ബ്രഹ്മവാദിനോ വദന്തി ബ്രഹ്മവാദികൾ പറയണു മഹാത്മാക്കൾ പറയുന്നു അറിഞ്ഞ അനുഭവിച്ചവർ പറയണു നിങ്ങൾക്കറിയോ എനിക്കറിയോ അറിയില്ലയോ എന്നുള്ളത് മുഖ്യമേ അല്ല ആ ഒരു മന്ത്രദ്രഷ്ടാക്കളാണോ ആ ഒരു പ്രാമാണികന്മാരാണോ ആരപ്തന്മാരാണോ ആർക്ക് തെറ്റുപറ്റില്ലയോ അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞിരിക്കണം അസിത്തോ ദേവലോ വ്യാസ എല്ലാറ്റിനുമല്ല സ്വയം ജീവ ബ്രവീഷി അങ്ങ് തന്നെ പറയണമെന്നാണ് ഭഗവാൻ തന്നെ പറയണു ഫ്ലാക്ടറി ഭഗവാൻ മാത്രം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അതറിയൂ അതായത് സ്തുതിക്കു പറയണതുണ്ടല്ലോ സ്വയം പുകഴ്ത്തുക അത് ഭഗവാന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഞാനികളും ചിലപ്പോൾ ചെയ്യും ഈശ്വരത്വത്തിന് ഞാൻ തന്നെയാണ് എല്ലാം ഞാൻ തന്നെയാണ് പൂർണമെന്നും അതായത് ഈ പുകഴ്ത്തൽ ഇഷ്ടമില്ലാത്ത ആളുകൾ ലോകത്തിൽ ആരും ഇല്ല അല്ലേ നായയ്ക്ക് പോലും നായന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ അങ്ങനെ സന്തോഷായിട്ട് അല്ലേ ആർക്കാ സ്തുതി ഇഷ്ടമല്ലാത്തത് പറയൂ ഈശ്വരനും ഇഷ്ടമാണ് സ്തോത്രപ്രിയ സ്തുതി മതി അല്ലേ നമ്മളെ പറ എനിക്ക് പുകഴ്ത്തലൊന്നും ഇഷ്ടല്ല അയ്യോ ഇദ്ദേഹത്തിനെ പോലെ പുകഴ്ത്തൽ ഇഷ്ടമല്ലാത്ത ഒരാളാരും ഇല്ലാന്ന് പറഞ്ഞാൽ സന്തോഷമാവും അദ്ദേഹത്തിന് സ്തുതിയൊന്നും ഇഷ്ടമല്ല സ്തുതി ഇഷ്ടമല്ലാന്ന് പറയേണ്ടത് ഒരു സ്തുതിയായിട്ട് തരും അപ്പൊ നമുക്ക് പറയാം അങ്ങനെ സാധ്യമല്ല അതിനൊരു വഴിയുള്ളൂ ഈ സ്തുതിക്കുന്നത് കൊണ്ട് അഫക്റ്റഡ് ആവാതിരിക്കണെങ്കിൽ എന്തൊക്കെ സ്ഥിതി ഉണ്ടോ ആ സ്തുതിയൊക്കെ അന്തർയാമിയായ ഭഗവാനാണ് ഭഗവാൻ രമണ രമണ സദ്ഗുരു രമണ സദ്ഗുരു എന്ന് പറഞ്ഞൊരു കീർത്തനുണ്ട് അത് ഭക്തന്മാരൊക്കെ പാടി പാടിയപ്പോ ഭഗവാനും കൂടെ ഇരുന്ന് ആ കീർത്തനം പാടി സദ്ഗുരു രമണ സദ്ഗുരു രമണ സദ്ഗുരു പാടുമ്പ അദ്ദേഹം കൂടെ പാടി ഭക്തന്മാർ ചിലർക്കൊക്കെ തമാശ തോന്നിട്ട് ഭഗവാനെ രമണ സദ്ഗുരു എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണോ അത് അഖണ്ഡമായ പൂർണ്ണ വസ്തു അതിനെ ഞാനും സ്തുതിച്ചുടേന്നു അപ്പൊ സ്തുതിയൊക്കെ ഈശ്വരന് നിന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോ ഈ ശരീരത്തിന് അവരിക്കൽ തുപ്പി മുഖത്ത് തുപ്പി കുറെ ദിവസം കഴിഞ്ഞിട്ട് ആർക്കോ ഭക്തന്മാർക്കൊക്കെ അറിഞ്ഞു മലയിൽ ആരോ ഒരാള് മഹർഷിയുടെ അടുത്തുള്ള അസൂയ കാരണം മുഖത്ത് തുപ്പി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പൊ പിന്നീട് ചോദിച്ചോ ഭഗവാനെ അങ്ങയുടെ മുഖത്ത് തുപ്പി എത്ര എന്ത് ചെയ്തു അങ്ങ് എന്ത് ചെയ്തു തുടച്ചു എത്രയോ പ്രാവശ്യം തുപ്പി ശരീര അല്ലേ നിന്ദിക്കണതും ചീത്ത ഒക്കെ ഈ സ്തുതിക്കുന്നതും ഒക്കെ ഭഗവാനാണ് ചിലർക്കും എക്സ്ട്രാറ്റിക് ആവും രാമകൃഷ്ണദേവൻ ഒരിക്കൽ മാസ്റ്റർ മഹാശ്രിയുടെ അടുത്ത് ചോദിക്കണ്ട് തനിയെങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ ഇതിനെ കുറിച്ച് എന്ത് ചിന്തിക്കണമെന്ന് അപ്പൊ മാസ്റ്റർ മഹാഷെ പറഞ്ഞു ടാക്കൂർ അങ്ങ് സാക്ഷാത് ഈശ്വരാവതാരമാണ് ഈശ്വരനാണെന്ന് എന്തോ പറഞ്ഞു അപ്പൊ തന്നെ ആ സമാധിസ്ഥിതിയിലേക്ക് പോയി തത്വം അസീന്ന് ഗുരു ഉപദേശിക്കണ പോലെയാണോ അതെ നീ അങ് ആ തത്വസ്തുവാണെന്ന് സ്വാമി രാമദാസ് ഒരിക്കൽ ഒരു ലളിതാദേവി എന്ന് പറഞ്ഞൊരാണി ഉണ്ടായിരുന്നു ഒരു ഭക്തയായിരുന്നു അവരോട് ചോദിച്ച ഒരു ദിവസം വാട്ട് ഡു യു തിങ്ക് അബൌട്ട് റാം ദാസ് സോ മെനി ആർ മാഡ് ആഫ്റ്റർ ഹിം വൈ വാട്ട് ഈസ് ദർ ഇൻ ഹിം അമ്മ പറഞ്ഞു യു ആർ ഗോഡ് എന്ന് പറഞ്ഞു കണ്ണിലങ്ങനെ വന്നിട്ട് സമാധിസ്ഥിതിയിലിരിക്കും കുറച്ചു നേരത്തേക്ക് ഒരു ട്രാൻസ് സ്റ്റേറ്റ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഗോസ് ഡയറക്റ്റ്ലി ടു ദ സെൽഫ് ആത്മാവിനെയാണ് പറയുന്നത് അല്ലാതെ ശരീരത്തിനെയല്ല ഈശ്വരനാണെന്ന് പറയുമ്പോ ആ പൂർണ്ണവസ്തുവിനെയാണ് നീ അല്ലാതെ എനിക്ക് സ്തുതി ഇഷ്ടമല്ല എന്നൊക്കെ പറയാം എങ്ങനെയോ ഇഷ്ടം വന്നുപോകും അപ്പൊ ഭഗവാൻ സ്തോത്രപ്രിയനാണ് എല്ലാ സ്തുതിയും പുകഴ്ത്തലും ഒക്കെ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കാം ഉള്ളിലുള്ള ആൾക്ക് പൂർണ്ണവസ്തുവിന് സ്വയം ജൈവപ്രവീഷി ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് സ്വയം ചെയ്യ ബ്രവീഷിമേ അടുത്ത ശ്ലോകം നോക്കൂ അപ്പൊ ഇങ്ങനെയൊക്കെ പറയണത് നുണയായിക്കൂടെ അല്ലെങ്കിൽ അർത്ഥവാദമായിക്കൂടെ എന്നാണ് വേദം വെറുതെ പലതും സ്തുതിക്കാൻ പറയണ്ടല്ലോ അങ്ങനെ ആയിക്കൂടെന്ന് വെച്ചാൽ അതാണ് അർജുനൻ അടുത്ത ശ്ലോകത്തിൽ സർവമേതൃതം മന്യേം ഭഗവൻ വ്യക്തിം വിദുർദേവാനവാഹാം സർവം ഏതത് ഋതം മന്യേ ഹേ ഭഗവൻ ഈ കേട്ടത് മുഴുവൻ സത്യമെന്ന് ഞാൻ ധരിക്കുന്നു വദസി കേശവ അവിടുന്ന് എന്തു പറയണമോ അതൊക്കെ സത്യവാക്കാണ് എൻമാം വധസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിവിദുഹു അവിടുത്തെ സ്വരൂപത്തിനെ വ്യക്തിത്വത്തിനെ ദേവാഹ ദാനവാഹ ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ ആരും തന്നെ ശരിക്കേ അറിയുന്നില്ല അറിയാൻ സാധിക്കുന്നില്ല അവിടുത്തെ നിരുപാധിക സ്വഭാവത്തെ ദേവന്മാർക്ക് പോലും അറിയാനൊന്നും സാധിക്കുന്നില്ല പിന്നെ ആർക്കറിയും ഭഗവാനെ അടുത്ത ശ്ലോകം സ്വമേവാത്മനത്മാന വേ പുഷോത്തമാ ഭൂതഭാവന ഭൂതശേവജ സ്വയമേവ ആത്മന ആത്മാനം വേദ്ധ അങ്ങേ ആരറിയും അങ് തന്നെ അങ്ങേ അറിയും ആത്മാവ് തന്നെ ആത്മാവിനെ അറിയും ഇപ്പോ പുറമേയുള്ള വിഷയങ്ങൾ എങ്ങനെ അറിയണു ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയണു ഇന്ദ്രിയങ്ങളെങ്ങനെ അറിയണു മനസ്സ് കൊണ്ടറിയണം മനസ്സിനെ എങ്ങനെ അറിയണു ബുദ്ധി പുറമേ നിന്ന് അറിയണു ബുദ്ധിയുടെ അഭാവത്തില് ഏതൊന്നറിയുന്നു സുഷുപ്തി സുഖമായി ഉറങ്ങുമ്പോൾ അറിവുണ്ടോ ഇല്ലയോ ഉറക്കത്തില് സ്വപ്നമില്ലാത്ത ഉറക്കത്തില് നല്ലവണ്ണം ആലോചിച്ച് പറയണം അറിവുണ്ടോ ഇല്ലയോ വിശേഷജ്ഞാനം ഒന്നുമില്ല അവിടെ ഒരു ഒബ്ജക്റ്റായിട്ട് ഒരു വസ്തുവായിട്ടുള്ള ഒരു അറിവും അവിടെ ഇല്ല നമുക്ക് എണീറ്റിട്ടുള്ള അനുഭവം ഒന്നും അറിഞ്ഞില്ല എന്നുമാണ് ഒന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു അപ്പൊ ഈ സുഖമായിട്ടിരുന്നു എന്നുള്ളത് എങ്ങനെ അറിഞ്ഞു അതിനുത്തരം ഒന്നുമില്ല നമുക്ക് അത് ബുദ്ധി കൊണ്ടൊന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു ഒന്നും അറിഞ്ഞില്ല എല്ലാവർക്കും ഉള്ള അനുഭവമാണ് സുഖമായിട്ടിരുന്നു ഒന്നും അറിഞ്ഞില്ല അവിടെ കേവല സുഖസ്വരൂപമായിട്ട് അറിയാൻ തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവുമില്ലാതെ അറിവ് മാത്രമായിട്ട് നിന്നു അവിടെ അറിവുണ്ട് വളരെ ചിന്തിക്കപ്പെടുന്ന ഒരു വിഷയമാണത് സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ നമ്മള് വളരെ സർവ്വസാധാരണമായിട്ട് ഇട്ടിരിക്കണ ഒരു കാര്യമാണതേ വളരെ വളരെ വളരെ അധികം അനുസന്ധാനം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത് അവിടെ അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ അറിവ് അറിവ് മാത്രമായിട്ട് അവിടെ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ നിന്നു ബുദ്ധി ഇല്ല മനസ്സില്ല ഇന്ദ്രിയങ്ങളില്ല ഈഗോ അഹങ്കാരം ശരീരമില്ല പ്രപഞ്ചം ഇല്ല ഒന്നുമില്ലാതെ നിർവിശേഷമായിട്ട് ഇരുന്നു അതുകൊണ്ട് അറിഞ്ഞില്ല ജാഗ്രതൽ വരുമ്പോഴാണ് അതിൽ നിന്നും ബുദ്ധി എന്ന് പറയുന്ന ഒരു ഉപകരണം വരുന്നത് അപ്പൊ ആ ഉപകരണം കൊണ്ടാണപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ ചോദ്യോത്തരവൊക്കെ അവിടെ ആരാര അറിഞ്ഞു സ്വയമേവാത്മനാത്മാനം വേദ്ധത്വം പുരുഷോത്തമാ അവിടെ നീ തന്നെ നിന്നെ അറിഞ്ഞുകൊണ്ടിരുന്നു സൃഷ്ടിയില്ലാത്ത സമയത്ത് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സുഷുപ്തിയാണ് ഉത്തരം സ്വയമേവാത്മനാത്മാനം താൻ തന്നെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നിൽ നിന്ന് അന്യമൊന്നുമില്ലാതെ ബ്രഹ്മം നിർവിശേഷമായിട്ട് നിന്നു നിർവിശേഷമായിട്ടങ്ങനെ ഉപാധി സംബന്ധമില്ലാതെ ആത്മനാ ആത്മാനം വേത്ത് താൻ തന്നെ തന്നിൽ നിന്ന് അന്യമായി ഭരിക്കാനോ ഭരിക്കപ്പെടാനോ ഒന്നുമില്ലാത്ത സ്വാരാജ്യ സാമ്രാജ്യമായിരുന്നു ഇവിടെ ഭൂതഭാവന ഭൂതേശ പിന്നെ അവിടെ നിന്ന് എല്ലാം എങ്ങനെയുണ്ടായി ഭൂതഭാവന ഭൂതേശ ഭൂതങ്ങളെയൊക്കെ ഭാവന ചെയ്തു എന്നാണ് എന്നിട്ട് ഭൂതേശ അതിൽ പ്രവേശിക്കുകയും ചെയ്തു സ്വപ്നത്തിൽ നമ്മൾ ഓരോന്ന് സൃഷ്ടിച്ച് അതിൽ പ്രവേശിക്കണു തത് സൃഷ്ടുപ്രാവിശത്ത് തദ്പ്രവിശ്യ സച്ചാഭവത്ത് നിരുക്തഞ്ച നിരുതഞ്ച് സത്യം ചൃതഞ്ചവത് സൃഷ്ടിച്ച് പ്രവേശിച്ച് നിരുക്തം ലോജിക് ഉള്ളതും ഇല്ലോജിക്കൽ ആയിട്ടുള്ളതും നിലയുള്ളതും നിലയില്ലാത്തതും അറിവും അജ്ഞാനവും സത്യവും നൊണയും ഒക്കെ എടുത്തു നിർന്നു നൂതഭാവന ഭൂതേശത്പദേ അതുകൊണ്ട് ഹേ ഭഗവൻ ഇങ്ങനെ വിശേഷമായ അനേക രൂപങ്ങൾ എടുത്തു വന്നപ്പോ ഇതിൽ പ്രത്യേകമായി ഏതേത് രൂപങ്ങളെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത് എന്നാണ് ഇപ്പൊ അർജുനൻ എല്ലാം അവിടുത്തെ സ്വരൂപമാണ് എങ്കിലും അതിൽ അഭിഭൂതികളെ എടുത്തു പറയാം പതിനാറാമത്തെ ശ്ലോകം നോക്കൂ വക്േണ ദിവ്യത്മവിഭൂതയർലോകാൻ ഇമാൻ സ്വപ്യ തിഷസി ഒരു നാടകം നടത്തിയിട്ട് നാടകത്തില് െഴുതി ഉണ്ടാക്കി കഥയൊക്കെ വിഭാവനം ചെയ്ത ആളുണ്ടല്ലോ അതില് മുഖ്യമായ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വേഷം അദ്ദേഹം തന്നെ ഇട്ടിട്ട് വരും ഇടക്കിടയ്ക്ക് വേഷം മാറി ചില ചില പോർഷൻസൊക്കെ അദ്ദേഹം തന്നെ ആക്ട് ചെയ്യും അത് അത് കാണുമ്പോഴാണ് നമ്മൾ ഓ ദൂത അദ്ദേഹം തന്നെ വരണ്ടതെന്ന് കഥകളിയിലൊക്കെ ഇന്ന വേഷം കിട്ടാന്ന് പറഞ്ഞത് ആൾ ചിലപ്പോ കെട്ടിയപ്പോ ആരാ കെട്ടിയിരിക്കണത് പാർക്കിങ് മനസിലാവൂ ഒന്നും മനസ്സിലാവില്ലേ പ്രത്യേകിച്ച് ഈ കഥകളിയിലൊക്കെ ഈ ആർ കെ ലക്ഷ്മണന്റെ കാർട്ടൂൺ ഉണ്ടായിരുന്നു ഒരു കാർട്ടൂണില് ഈ സായിപ്പന്മാരൊക്കെ വരുമ്പോ ടൂറിസ്റ്റ് വരുമ്പോ പ്ലെയിനിൽ വന്ന് ഇറങ്ങുമ്പോ ഇവിടുത്തെ നാടൻ കലകൾ കൊണ്ട് അവരെ വരവേൽക്കുക എന്ന് വെച്ചോ അത്രേ അപ്പൊ കൊറേ മതാമ്മമാരും പ്ലെയിൻ ഇറങ്ങുമ്പോ ഈ കഥകളിയിലുള്ള വേഷം കെട്ടിക്കൊണ്ട് പച്ചത്താടി ചോപ്പത്താടി ഒക്കെ അവിടെ പോയി നിന്ന പ്ലെയിൻ നിന്ന് ഇറങ്ങിയ പാട് ബോധം കെട്ടു വീണു അത്ര കൊറേ പേം ഇത് എന്ത് രൂപമാണ് എന്ത് ഭാവാണ് പാർക്ക് പിടിക്കട്ട ഒന്നും അറിയില്ലേ അപ്പോ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ഇത്രയും രൂപങ്ങളുണ്ട് ഇതിനകത്ത് ഏതിലേതിലേക്കോ സ്പെഷ്യൽ ആയിട്ട് എല്ലാം ഉണ്ടല്ലോന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് പക്ഷെ അതിൽ ചില സ്പെഷ്യൽ ഉണ്ടെന്നാണ് എല്ലാം സങ്കല്പം കൊണ്ടും ആഗ്രഹങ്ങളും കൊണ്ടുമുള്ള ജനനം അതിൻ്റെ ഇടയിൽ ഭാഗവതത്തില് പൃഥക്വപുഹു എന്നാണ് താൻ തന്നെ ഇടയിൽ ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ആയിട്ട് വരുമോ അത്രേ അത് സങ്കല്പം കൊണ്ടു ആഗ്രഹം കൊണ്ടു ഡിസൈർ കൊണ്ടും ഒന്നും അല്ലാതെ ഒരു സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ സ്വേച്ഛോപാത്ത പൃഥക് വന്ന് അതിനെയാണ് അർജുനന് ഇവിടെ ചോദിക്കുന്നത് ഇത്രയും ഇതിന്റെ നടുവില് ചപ്പും ചവറിന്റെ നടുവില് ഞാൻ ഏതിനെയാപ്പൊ പെറുക്കിയെടുക്കേണ്ടത് എന്നാണ് ഭഗവാനെ അതുകൊണ്ട് എടുത്തു പറയൂ വക്തുമർഹസി അശേഷേണ ദിവ്യഹി ആത്മവിഭൂതയ അവിടുത്തെ ദിവ്യമായ ആത്മവിഭൂതി വിഭൂതിഭി ലോകാ ഇമാംസ്തും വ്യാപ്യത്തി ആ ഏതൊരു വിഭൂതികൾ കൊണ്ടാണോ ഈ ലോകത്തിനെ അങ്ങ് വ്യാപിച്ചു നിൽക്കുന്നത് അത് പറഞ്ഞുതരൂ എന്ന് പറയാണ് അപ്പോ വീണ്ടും നോക്കൂ കഥം വിദ്യമഹം യോഗിം ത്വാം സദാ പരിചിന്തയൻ കേ ചിന്സി ഭഗവന്മയാ ഹേ യോഗിന് ഭഗവാൻ ഇവിടെ യോഗി എന്നാണ് വിളിക്കണത് എന്താ വെച്ചാൽ ഈ യോഗികളാണ് സൃഷ്ടി ചെയ്യാം യോഗികൾ സൃഷ്ടി പല ലോകങ്ങളൊക്കെ സൃഷ്ടിക്കും ഇപ്പൊ തന്നെ ചില മാജീഷ്യൻസ് ഒക്കെ എന്തൊക്കെയോ കാണിക്കണ പോലെ യോഗികൾ വിശ്വാമിത്രൻ ഒരു ലോകം സൃഷ്ടിച്ചു സങ്കല്പം കൊണ്ടൊരു ലോകം സൃഷ്ടിച്ചു അല്ലേ ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് പറഞ്ഞ മഹായോഗീ വയസ്വേച്ഛയാ അപ്പോ ഭഗവാന് പേര് യോഗി എന്നാണ് ഹേ യോഗിന് അഹം കഥം സദാ പരിചിന്തയൻ ത്വാം വിദ്യം അങ്ങേ ഉപാസന ചെയ്ത് നിരന്തരം പരിചിന്തനം ചെയ്ത് എങ്ങനെ അറിയും കേശു കേശു ഭാവേഷു ചിന്യ ഏതേത് ഭാവത്തിലാണ് ഞാൻ ഉപാസിക്കേണ്ടത് ഒക്കെ പറഞ്ഞു അങ്ങയുടെ ഉപാസനാർത്ഥമുള്ള വിഭൂതികളെ എനിക്ക് വിസ്തരിച്ചു തരൂ അടുത്ത ശ്ലോകം വിസ്തരേ ആത്മനോം ഭൂയതൃപ്തിർ ശൃവസ്മേമൃതം വിസ്തരമായിട്ട് വിസ്തരേണ ആത്മനഹ യോഗം വിഭൂതിർദ്ദന അങ്ങയുടെ യോഗമും വിഭൂതിയും എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരും വീണ്ടും പറയും തൃപ്തി എനിക്ക് ഇതിൽ മാത്രം മതി എന്ന് കേട്ടിട്ട് മതിയാവണില്ല അമൃതം എന്ന് പറയും തുടർന്ന് നമ്മള് വൈകുന്നേരം കാണാം വൈകുന്നേരം നമ്മുടെ ആത്മതീർത്ഥം പുസ്തകവും ഇവിടെ പ്രകാശിപ്പിക്കും അതോടെ ഗീതായജ്ഞം നമുക്കിവിടെ പൂർത്തി ചെയ്യും യോ മമാത്മാവസി ത്വമ തോന്നം മമകിഞ്ചിത് അതിയപേഷ്ടം കൂടുമാം തഥ ത്വാമാത്മനാഥം രമണം ഭജം